ശിക്ഷ വരുന്ന ദിവസം ജനങ്ങൾക്ക് നീ മുന്നറിയിപ്പ് നൽകുക അന്നരമികൾ പറയും ഞങ്ങളുടെ രക്ഷിതാവേ അടുത്തൊരു കാലം വരെ ഞങ്ങളെ നീ നീട്ടിവെക്കണമേ നിന്റെ വിളിക്കൂ ഞങ്ങൾ ഉത്തരം നൽകുകയും ദൂതന്മാരെ പിന്തുടരുകയും ചെയ്യാം അള്ളാഹു ചോദിക്കും സ്മൈലി ഫേസ് നിങ്ങൾക്ക് ഒരിക്കലും നാശമില്ലെന്ന് നിങ്ങൾ മുൻപ് സത്യം ചെയ്തിരുന്നില്ലേ